അത് വലീദിന് മുഖിയറയാകട്ടെ മക്കയിൽ മുഷിരിക്കുകളുടെ ഇടയിൽ നേതാക്കന്മാരിൽ ഉൾപ്പെടുന്ന വ്യക്തിയാണ് വലിയ സ്ഥാനമുണ്ട് റസ്മാൻ ഒരാളും തൊടുന്നില്ല അദ്ദേഹം വളരെ സുരക്ഷിതനാണ് എപ്പോഴും മക്കയിലൂടെ സ്വസ്ഥമായി സഞ്ചരിക്ക കാരണം വലീദിന് മുഖീറയുടെ സംരക്ഷണത്തിലാണ് എന്നാൽ ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ റസ്മാൻബിന് മകുബോൻ അദ്ദേഹം പറയുകയാണ് വല്ലാഹി അദ്ദേഹം പറഞ്ഞു അള്ളാഹു സത്യം ഞാനിവിടെ മുഷിരിക്കുകളിൽപ്പെട്ട ഒരാളുടെ സംരക്ഷണത്തിൽ സുഖകരമായി നടക്കുന്നു എന്റെ സഹോദരങ്ങൾ എന്നോടൊപ്പം ഈ ദീനിൽ പ്രവേശിച്ചവർ അവരാകട്ടെ പീഡനങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ച് അങ്ങേയറ്റത്തെ ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ട് എന്റെ ചുറ്റുപാടും ജീവിച്ചു ഈ അവസ്ഥയിൽ ഞാൻ ഇങ്ങനെ നടക്കുക ഒരു മുഷിരിക്കിന്റെ ഷിർക്ക് ചെയ്യുന്ന ഒരാളുടെ സംരക്ഷണയിൽ ഞാൻ ഇങ്ങനെ സുഖകരമായി നടക്കുക എന്നത് എനിക്കൊരിക്കലും യോജിച്ചതല്ല അങ്ങനെ അദ്ദേഹം നേരെ വലീദ് അടുക്കലേക്ക് ചെന്നു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അല്ലയോ നീ നിന്റെ വാക്ക് പാലിച്ചിരിക്കുന്നു എന്നാൽ ഞാനിതാ നിന്റെ സംരക്ഷണം നിനക്ക് തിരിച്ചു നൽകുകയാണ് എനിക്ക് അതിന്റെ ആവശ്യമില്ല അപ്പോൾ വലീദ് പറഞ്ഞു എന്താണ് സംഭവിച്ചത് ആരെങ്കിലും നിന്നെ ഉപദ്രവിച്ചോ എന്റെ സംരക്ഷണയിലായിട്ടും ആരെങ്കിലും നിന്നെ ഉപദ്രവിച്ചോ അതുകൊണ്ടാണ് നീത് തിരിച്ചു നൽകുന്നത് അദ്ദേഹം പറഞ്ഞു ഒരിക്കലുമല്ലി അർബ ബിജിവാറില്ല വലീദ് നിന്റെ സംരക്ഷണത്തെക്കാൾ എനിക്ക് തൃപ്തികരമായിട്ടുള്ളത് അള്ളാഹുവിന്റെ സംരക്ഷണമാണ് അർബാ ബിജിവാറില്ല എനിക്ക് അള്ളാഹുവിന്റെ സംരക്ഷണം മതിയായതാണ് വല ഒരു ധ്വാന സ്ഥിര വിറയിലെ അള്ളാഹുവിന് പുറമെയുള്ള ഒരാളിൽ നിന്നും സംരക്ഷണം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അപ്പോൾ വലീദ് പറഞ്ഞു ശരി എന്റെ സംരക്ഷണം ഞാൻ പിൻവലിക്കാം പക്ഷേ നിനക്കുള്ള സംരക്ഷണം ഞാൻ പ്രഖ്യാപിച്ചത് കാബയുടെ അടുക്കൽ വെച്ച് പരസ്യമായി കൊണ്ടാൻ അതുകൊണ്ട് നീ കാബയുടെ അടുക്കൽ ചെന്ന് പരസ്യമായി ഇക്കാര്യം പറയണം അങ്ങനെ ചെയ്താൽ ഞാൻ എന്റെ സംരക്ഷണം പിൻവലിക്കാം അങ്ങനെ ഉസ്മാൻ അബ്രഹ്മൂനും വലീദും കൂടി കബയുടെ അടുക്കൽ ചെന്നു അവിടെ കയറി നിന്നുകൊണ്ട് അള്ളഹമ്മൂൻ അദ്ദേഹം വിളിച്ചു പറഞ്ഞു ഇതാ വലീദിന്റെ സംരക്ഷണം എനിക്ക് എടുത്തുമാറ്റപ്പെട്ടിരിക്കുന്നു വലീദ് വാക്കുപാലിച്ചിട്ടുണ്ട് പക്ഷേ ഞാനിതാ സ്വയം തന്നെ അദ്ദേഹത്തിന്റെ സംരക്ഷണത്തിൽ നിന്ന് പുറത്തു കിടക്കുകയാണ് അപ്പോൾ വലീദ് പറഞ്ഞു ഇതാ ഇനി മുതൽ എന്റെ സംരക്ഷണം റസ്മാൻ ഉണ്ടായിരിക്കുകയില്ല എന്നു വലീദും അവിടെ വച്ച് പറഞ്ഞു അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു റസ്മാൻ കുടുംബം ഓണും അദ്ദേഹത്തിനോടൊപ്പം മറ്റൊരാളും കൂടി മുഷ്രിഖുകള ഒരു സദസ്സിലേക്ക് അവർ കയറി അപ്പോൾ അവിടെ ആ മജ്ലിസിൽ സദസ്സിൽ ലബീദ് എന്ന കവി അവിടെ ഇരിക്കുന്നുണ്ട് അയാൾ ആ സന്ദർഭത്തിൽ ആ സദസ്സിലിരുന്ന് കവിതകൾ പാടിക്കൊണ്ടിരിക്കുകയാണ് അയാൾ പാടി അറിയണേ അള്ളാഹുന് പുറമെയുള്ള എല്ലാം നശിച്ചു പോകുന്നത് അള്ളാഹുന് എല്ലാം നശിച്ചു ആ കവിതയുടെ രണ്ടാമത്തെ പരിപാടി എല്ലാ അനുഗ്രഹങ്ങളും സംശയമില്ല എന്നെങ്കിലും ഒരിക്കൽ തീർന്നുപോകുന്നതാണ് അത് കേട്ടപ്പോൾ സ്വർഗത്തിലെ അനുഗ്രഹങ്ങൾ ഒരിക്കലും അവസാനിക്കുകയില്ല നോക്ക് നിങ്ങൾ സഹാബികൾ ആ ചെറിയ വാക്കുകളിൽ വരെ അത്ര പരീക്ഷണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ വരെ അവരുടെ ദീനിൽ നിന്നൊരു വാക്കുപോലും വിട്ടുകൊടുക്കാൻ തയ്യാറാവുന്നില്ല ചിലപ്പോൾ ഇന്ന് എല്ലാ സുരക്ഷയ്ക്കും ഉള്ളിൽ ജീവിക്കുന്ന മുസ്ലിംങ്ങൾ അവരോട് ഈ വാക്ക് പറഞ്ഞാൽ എല്ലാ അനുഗ്രഹങ്ങളും അവസാനിക്കുമെന്ന വാക്ക് പറഞ്ഞാൽ എങ്കിൽ അവർ പറയും അത് കേവലം ഒരു സാഹിത്യ പ്രയോഗമല്ലേ അത് പ്രലോകത്തെ ഉദ്ദേശിച്ചു അത് ദുനിയാവിലെ എല്ലാ അനുഗ്രഹങ്ങളും നശിച്ചു പോകുമെന്ന അർത്ഥം വെച്ചാൽ പോരെ എന്നിങ്ങനെ അവർ അതിനെ നിസ്സാരവൽക്കരിക്കും ഇതൊക്കെ സാഹിത്യമാണ് സംസ്കാരമാണ് അതിൽ നിന്റെ ഈ കണിഷതയൊന്നും പറ്റില്ല എന്നവർ പറയും എന്നാൽ സ്വഹാബികൾ സുഭാമല്ല അവർ പ്രയാസങ്ങൾക്ക് നടുവിൽ ഒരു സംരക്ഷണവും അള്ളാഹുവിന്റെ സംരക്ഷണമല്ലാതെ മറ്റൊന്നുമില്ലാത്ത ആ സന്ദർഭത്തിൽ വരെ അവർ തങ്ങളുടെ ദീനിന് വാക്കുകളിൽ പോലും നൽകുന്ന ശ്രദ്ധ നോക്കുന്ന ഇന്ന് അവരനുഭവിച്ചിരുന്നതിന്റെ എത്രയോ മുകളിൽ നിർഭയത്വം നമുക്കുണ്ട് എന്നാൽ സൗഹീദുമായി മുസ്ലിമീങ്ങളാണ് എന്ന് പറയുന്നവരുടെ തന്നെ ബന്ധം എന്താണ് അവരുടെ കവിതകളുടെ അവസ്ഥ എന്താണ് പാട്ടുകളുടെ അവസ്ഥ എന്താണ് മൗലീദുകളുടെ അവസ്ഥ എന്താണ് അള്ളാഹു സുഹാനക്ക് അവന്റെ സൗഹീദിന് വിരുദ്ധമായ അവന്റെ ദീനിനു വിരുദ്ധമായ എത്ര വാക്കുകളും പ്രയോഗങ്ങളും എത്രയെത്ര സംസാരങ്ങളുമാണ് അവരുടെ കവിതകളിൽ നിറഞ്ഞു ആർക്കാണ് പ്രയാസമുള്ളത് ആർക്കാണ് ബുദ്ധിമുട്ടുള്ളത് എന്നാൽ സഹാബികൾ അവരുടെ ദീനിൻ്റെ കാര്യത്തിൽ അവർ സ്വീകരിച്ച ശക്തമായ നിലപാടാണ് ദീൻ അതിന് വിരുദ്ധമാകുന്നത് എന്തും അതെത്ര ചെറുതാണെങ്കിലും ഒരു കവിതയിലെ ഒരു വരിയാണെങ്കിലും നമുക്ക് ആ കവിതയുടെ ആദ്യത്തെ വരി ശരിയാണ് സത്യമാണ് എന്നാൽ രണ്ടാമത്തെ വരിയിൽ ഒരു വിശ്വാസത്തിന് വിരുദ്ധമായ ഒരു വാക്കുണ്ട് അതാണ് അവർക്ക് ഗുരുതരമായി തീർന്നത് എന്നാൽ ഇന്നത്ര എത്രയാളുകൾ ദീനിലെ അടിസ്ഥാനങ്ങൾ വലിച്ചെറിയാൻ അത് തള്ളിക്കളയാൻ അവർക്ക് എന്തെങ്കിലും ഒരു നന്മ അയാളുടെ അവരൊക്കെ വലിയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാണ് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് അതുകൊണ്ട് നമുക്ക് അവരുടെ വിഗ്രഹങ്ങൾ തുടച്ച് വൃത്തിയാക്കി കൊടുക്കാം അവരുടെ ആരാധനാ സ്ഥലങ്ങൾ ശിർക്ക് ചെയ്യുന്നതിനു വേണ്ടി സൗകര്യം ചെയ്തു കൊടുക്കാം അവനവന്റെ ദീൻ എന്നത് നാം വലിച്ചെറിഞ്ഞിരിക്കുന്നു സുഹാൻ ഈ സഹാബികൾക്കാണ് അള്ളാഹു വിജയം നൽകിയത് നമ്മൾ എങ്ങനെയാണ് വിജയം പ്രതീക്ഷിക്കുക നമ്മൾ എങ്ങനെയാണ് ഈ നാടിനെ ബാധിക്കാനിരിക്കുന്ന വിപത്തുകളിൽ നിന്ന് രക്ഷപ്പെടുക നമ്മുടെ അവസ്ഥയിലാണെങ്കിൽ അപ്പോൾ അസ്മാൻ ബ്രഹ്മ ഗുഴുവിൻ ഈ വാക്ക് പറഞ്ഞപ്പോൾ കവിത പാടിയ ലബീതിന് ദേഷ്യം പിടിച്ചു അയാൾ പറഞ്ഞു കുറെ ഇഷികളെ എന്നാണ് നിങ്ങൾക്കിടയിൽ ഇത്തരം ആളുകൾ അവരുടെ നാവ് പൊക്കാൻ തുടങ്ങിയത് എപ്പോഴാണ് ഇങ്ങനെയുള്ള ആളുകൾക്ക് നിങ്ങൾക്കിടയിൽ സ്വാതന്ത്ര്യം ലഭിക്കാൻ തുടങ്ങിയത് ആരാണ് ഞാൻ ദേഷ്യം പിടിച്ചു അപ്പോൾ അവരുടെ കൂട്ടത്തിൽ ഒരാൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞ അവനൊരു വിഡ്ഡിയാണ് അവനെ പോലെ കുറെ വിദ്ധികൾ ഇവിടെ വേറെയുമുണ്ട് അവർക്ക് ഞങ്ങൾ യാതൊരു വിലയും കൊടുക്കാറില്ല അതുകൊണ്ട് നീ അവരെ പരിഗണിക്കേണ്ടതില്ല അങ്ങനെ ഉറസ്മാനുബിനും മോ തൊഴുവിനും ഇയാൾക്കും ഇടയിൽ തർക്കം ശക്തമായി ഈ മനുഷ്യൻ അയാൾ ഉറസ്മാനുപ്രിന്മൊഴവിനെ കണ്ണിന് മുഖത്തേക്കടിച്ചു അദ്ദേഹത്തിന്റെ ഒരു കണ്ണിന്റെ കാഴ്ച കണ്ണിൽ നിന്ന് കണ്ണ് പൊട്ടിച്ചോറ് ഒഴുകി കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു ഇത് കൊണ്ട് കണ്ടുക ഇത് കണ്ടുകൊണ്ട് തൊട്ടപ്പുറത്ത് തന്നെ വലീദിന് മുഖീറ നിൽക്കുന്നുണ്ട് സംരക്ഷണം നൽകിയ വലീദുബിന് മുഖീറ തൊട്ടപ്പുറത്ത് നിൽക്കുന്നു വലീദിന് മുഖീറ പറഞ്ഞു റസ്നാൻ ഞാൻ നിന്നോടപ്പഴേ പറഞ്ഞത് നീ എന്റെ സംരക്ഷണത്തിൽ നിന്ന് പുറത്തു കിടക്കുമ്പോൾ ഇപ്പോൾ എന്റെ സംരക്ഷണത്തിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് ആ ബാക്കി നിൽക്കുമായിരുന്നു നിന്റെ കാഴ്ച പോയി നിനക്ക് വന്ന നഷ്ടം നോക്കൂ എന്റെ സംരക്ഷണത്തിൽ പുറത്തു കടന്നിൽ അപ്പോഴേക്ക് നിനക്കുണ്ടായ പ്രയാസം നോക്കൂ നിനക്ക് വേണമെങ്കിൽ ഞാൻ ഇപ്പോൾ സംരക്ഷണം നൽകാം അപ്പോൾ ഉസ്മാൻബുൻ മഗൂൺ അദ്ദേഹം പറഞ്ഞ വാക്ക് സീറയുടെ ഗ്രന്ഥങ്ങളിൽ കാണാം അത് മനോഹരമായ വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞു സുബ്ഹാനല്ലാഹ് ബൽ കുന്തു ഇലല്ലദീ ലഖൈതു ഫഖീറൻ. وليد നീ ujarikana entana? ഞാൻ അനുഭവിക്കുന്ന പ്രയാസം എനിക്ക് വലുതാണ് എന്നാണ്. അല്ല അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഞാൻ ഈ അനുഭവിക്കുന്ന വേദന അത് അനുഭവിക്കാനാണ് എൻ്റെ മനസ്സ് ഇത്രനേരം ആഗ്രഹിച്ചിരുന്നത്. ഈ മർദ്ദംമേൽക്കുന്നതിനു വേണ്ടിയാണ് എൻ്റെ മനസ്സ് തേടಿಕೊಂಡരുന്നത്. നിന്റെ സംരക്ഷണത്തിന് കീഴിൽ ജീവിക്കുന്ന സന്ദർഭത്തിൽ എന്റെ ചുറ്റുപാടും ഉപദ്രവിക്കപ്പെട്ടിരുന്നു ഞാൻ സുരക്ഷിതനായിരുന്നു നിന്റെ സംരക്ഷണത്തിൽ നിന്ന് പുറത്തു കടന്നപ്പോൾ അവരനുഭവിക്കുന്നത് പോലെ ഒന്ന് അനുഭവിക്കണമെന്നതായിരുന്നു എന്റെ മനസ്സാഗ്രഹിച്ചിരുന്നത് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു നിനക്കറിയുമോ എന്റെ കേടുവരാത്ത ഈ കണ്ണ് അതിപ്പോൾ ആഗ്രഹിക്കുന്നത് അടിച്ച് മുറിവേൽപ്പിക്കപ്പെട്ട എൻ്റെ മറുകണ്ണുപോലെ തന്നെ ഈ കണ്ണും നഷ്ടപ്പെട്ടു പോയിരുന്നെങ്കിൽ എന്നാണ് എൻ്റെ മുറിവേറ്റ കണ്ണിന് എന്താണോ ബാധിച്ചത് അത് എന്റെ നല്ല കണ്ണിന് കൂടി ലഭിച്ചിരുന്നെങ്കിൽ എന്നാണ് എന്റെ കണ്ണിപ്പോൾ ആഗ്രഹിക്കുന്നത് എന്നനക്കറിയുമോ അത് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ സ്നേഹിക്കുന്ന മാതൃകയുണ്ട് അവരനുഭവിച്ച പ്രയാസങ്ങൾക്ക് മുന്നിൽ ഇതൊന്നുമല്ല പ്രതാപമുള്ള ഒരുവന്റെ സംരക്ഷണത്തിലാണ് ഞാൻ പ്രവേശിച്ചിട്ടുള്ളത് അള്ളാഹുവിന്റെ സംരക്ഷണത്തിൽ ാൾ കഴിവുള്ള ശക്തി ഉള്ള ഒരുവന്റെ സംരക്ഷണത്തിന് കീഴിലാണ് ഞാൻ പ്രവേശിച്ചിട്ടുള്ളത് അതായിരുന്നു ഇസ്താൻ അബ്ദിൻ മബൂനിന്റെ മറുപടി ഇത് അബ്സീമിയയിലേക്കുള്ള ഹിജറയ്ക്ക് ശേഷം അവർ തിരിച്ചു വന്നതിന് ശേഷം മുസ്ലിമീങ്ങളിൽ ഉണ്ടായ സംഭവങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ഇത് ഹിഷാമിന്റെ സിറയിൽ നൽകിയ സംഭവമാണ് അതുപോലെ തന്നെ പ്രത്യേകം എടുത്തു പറയേണ്ട സംഭവമാണ് അബൂസലമുബിൻ അബ്ദുൽ അസദിന്റെ സംഭവം അബൂസലമത്ത് അബ്ദുൽ അസദ് അദ്ദേഹവും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബിസീനയിലേക്ക് ഹിജറ പോയ ആളാണ് തിരിച്ചു വരുമ്പോൾ അബൂപാദിപിന്റെ സംരക്ഷണത്തിലാണ് അദ്ദേഹം മക്കയിലേക്ക് പ്രവേശിക്കുന്നത് അബൂ താലിബിൻ്റെ സംരക്ഷണത്തിൽ പ്രവേശിച്ചത് കാരണത്താൽ അബൂസലമെ ആരും സ്പർശിച്ചിരുന്നില്ല അപ്പോൾ ബനൂമ ഹുസൂമിൽപ്പെട്ടയാളുകൾ അബൂ സലമയുടെ ഗോത്രം ബനൂമ ഹസൂം ഗോത്രമാണ് ബനൂമഹസൂം ഗോത്രത്തിൽപ്പെട്ടയാളുകൾ അബൂ താലിബിൻ്റെ അടുക്കലേക്ക് ചെന്നുകൊണ്ട് പറഞ്ഞു അബൂ സലമ ഞങ്ങളുടെ ഗോത്രത്തിൽപ്പെട്ടയാളാണ് അവനെ ഞങ്ങൾക്ക് വിട്ടുതരണം നിങ്ങൾ അവന് സംരക്ഷണം കൊടുക്കുന്നത് ശരിയല്ല അവനെ ആക്രമിക്കാനും അവനെ ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ ഉപദ്രവിക്കാനും ഞങ്ങൾക്ക് അവകാശമുണ്ട് നിങ്ങളത് തടഞ്ഞാൽ ശരിയാവില്ല അപ്പോൾ അബുഅപ്പ അലിബ് അദ്ദേഹം പറഞ്ഞു അബൂ സലമെ എൻ്റെ അടുക്കൽ വന്ന് സംരക്ഷണം ചോദിച്ചതാണ് ഞാനാണ് അബൂസലമക്ക് സംരക്ഷണം നൽകിയത് ഞാൻ ഒരിക്കലും മുഹമ്മദിന് സംരക്ഷണം നൽകിയതുപോലെ തന്നെയാണ് അവനും സംരക്ഷണം നൽകിയിട്ടുള്ളത് ഒരിക്കലും എന്റെ സംരക്ഷണം ഞാൻ പിൻവലിക്കുകയില്ല അപ്പോൾ ബനു മഹിസും ഗോത്രക്കാർ അബൂ താലിബിനോട് കയർത്ത് സംസാരിക്കാൻ തുടങ്ങി ഇത് അറിഞ്ഞപ്പോൾ അബൂ ലഹബിന് ദേഷ്യം പിടിച്ചു അബൂ താലിബിനോട് ബനു മഹിസും ഗോത്രക്കാർ മോശമായി സംസാരിച്ചത് കേട്ടപ്പോൾ പ്രസൂഹതയുടെ ഏറ്റവും വലിയ ശത്രുവായ അബൂലഹബിന് ദേഷ്യം പിടിച്ചു അബൂ ലഹബ് അവരുടെ അടുക്കൽ ചെന്ന് പറഞ്ഞു നിങ്ങളെങ്ങാനും അബൂ പാലിബിനെ ദേഷ്യം പിടിപ്പിച്ചാൽ എൻ്റെ സഹോദരനായ അബൂ നിങ്ങൾ മോശമായി പെരുമാറിയാൽ അബൂ സംരക്ഷണം നൽകിയ ആളെ നിങ്ങൾ ഉപദ്രവിച്ചാൽ ഞങ്ങളെല്ലാവരും മുഹമ്മദിൻ്റെ ഒപ്പം കൂടും നിങ്ങളെന്താണോ എതിർക്കുന്നത് അതിനോടൊപ്പമാവും അതുകൊണ്ട് അബൂ പാലിബിനെ നിങ്ങൾ ഉപദ്രവിക്കരുത് പ്രയാസപ്പെടുത്തരുത് അദ്ദേഹം വയസ്സായ മനുഷ്യനാണ് ആദരിക്കപ്പെടുന്നയാളാണ് ഇത് കേട്ടപ്പോൾ അബു പാലിബ് അദ്ദേഹം വളരെ സന്തോഷിച്ചു ആ സന്ദർഭത്തിൽ അദ്ദേഹം വളരെ മനോഹരമായ ഒരു കവിത അബുലഹബിനെ അഭിസംബോധന ചെയ്തുകൊണ്ടേഴുതി ആ കവിതയിൽ അദ്ദേഹം അബൂലഹബിനെ മുഹമ്മദിനെ സംരക്ഷിക്കാൻ മുഹമ്മദിനെ സഹായിക്കാൻ വേണ്ടി ക്ഷണിച്ചുകൊണ്ടുള്ള കവിതയാണ് പക്ഷെ അബുലഹബ് ഒരിക്കലും ഇസ്ലാം സ്വീകരിച്ചില്ല അറബികൾ അന്നത്തെ കാലഘട്ടത്തിൽ അവർക്ക് അവരുടെ കബീലയിലുള്ള ആളുകൾ അവരുടെ അക്കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ സംവിധാനങ്ങൾ സമ്പ്രദായങ്ങൾ അതിൽ കടുംപിടുത്തമുണ്ടായിരുന്ന ആളുകളാണ് അതുപോലെ തന്നെ ഗോത്രത്തിന്റെ മഹിമയും ഗോത്രത്തിന്റെ പേരിലുള്ള വിഭാഗീയതയും അവർക്ക് കടുത്ത വളരെ ശക്തമായിരുന്നു അപ്പോൾ അബൂ ലഹബ് സംരക്ഷിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങി എന്നാൽ അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറായില്ല അങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന വേളയിൽ കുറേശികൾ അവർ ധാരാളക്കണക്കിന് അടവുകൾ പയറ്റി നോക്കിയിട്ടും ഒന്നും സംഭവിക്കുന്നില്ല റസൂളയെ പരിഹസിച്ചു നോക്കുന്നുണ്ട് മുസ്ലിംങ്ങളെ പരിഹസിക്കുന്നുണ്ട് ഒരു കാര്യവുമില്ല ഉപദ്രവിച്ചു നോക്കുന്നുണ്ട് ഒരു കാര്യവുമില്ല മയപ്പെടുത്തി നോക്കുന്നുണ്ട് ഒരു കാര്യവുമില്ല എല്ലാ അടവുകളും അവർ പയറ്റി കഴിഞ്ഞു അങ്ങനെ അവർ അബു താലിബിന്റെ അടുക്കിലേക്ക് രണ്ടാമതും ഒരു കൂട്ടമായി ചെന്നു ഇതിന് മുൻപുള്ള ദർശകളിൽ നമ്മൾ ഓർമ്മപ്പെടുത്തിയിരുന്നു അബു താലിബിന്റെ അടുക്കൽ അവർ ഇതിന് മുൻപ് പോയിട്ടുണ്ട് രണ്ടാമതൊരിക്കൽ കൂടി അവർ അബൂ താലിബിന്റെ അടുക്കൽ ചെന്നു അങ്ങനെ അവർ അബു താലിബിനോടായി പറഞ്ഞു അബു താലിബ് നിങ്ങൾക്ക് വലിയ പദവിയുണ്ട് സ്ഥാനമുണ്ട് ഞങ്ങൾക്കിടയിൽ വലിയ ആദരവുണ്ട് എന്നാൽ മുഹമ്മദ് നിങ്ങളുടെ സഹോദര പുത്രൻ ഞങ്ങളെ വല്ലാതെ ഉപദ്രവിക്കുകയാണ് ഞങ്ങളുടെ ആരാധ്യ വസ്തുക്കൾ അവൻ ചീത്ത പറയുകയാണ് പ്രൈവിശികൾ ഇവർ എന്തൊരുമയിൽ ജീവിച്ചിരുന്ന ആളുകളാണ് അവർക്കിടയിൽ അവൻ ഭിന്നിപ്പുണ്ടാക്കിയിരിക്കുന്നു മക്കയിൽ നിന്ന് ചില ആളുകൾ അവ വരെ പോയി മക്കാർക്കിടയിൽ അവൻ പ്രശ്നങ്ങൾ അതുകൊണ്ട് ഒന്നല്ലെങ്കിൽ നിങ്ങൾ മുഹമ്മദിനെ തടഞ്ഞു വയ്ക്കുക അല്ലെങ്കിൽ മുഹമ്മദിനെ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി വിട്ടു തരിക അതുമല്ലെങ്കിൽ നിങ്ങൾ മുഹമ്മദിനെ സംരക്ഷിക്കുകയാണെങ്കിൽ മക്കക്കാരിനി പക്ഷത്താണ് ഇനി നിങ്ങളനുസരിക്കാൻ പറ്റുകയില്ല നമ്മളും നിങ്ങളും ഇനി പോരാട്ടം തുടങ്ങുക ഒന്നല്ലെങ്കിൽ നിങ്ങൾ നശിക്കും അല്ലെങ്കിൽ ഞങ്ങൾ നശിക്കും അപ്പോൾ അബു അദ്ദേഹത്തിന് തൻ്റെ സമൂഹത്തോട് വളരെ സ്നേഹമുണ്ടായിരുന്നു അദ്ദേഹം തന്റെ സമൂഹം തനിക്കെതിരാകുമോ എന്ന് ഭയുന്നു അങ്ങനെ റസൂൽഹി സല്ലാഹു അലി വസ്ലമെ അബു താലിബ് വിളിച്ചു വരുത്തി അബൂ താലിബ് റസൂളയോടായി പറഞ്ഞു മുഹമ്മദ് നിന്റെ നാട്ടുകാർ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് അതുകൊണ്ട് എനിക്ക് സാധിക്കാത്ത എന്നെ നീ പ്രയാസപ്പെടുത്തരുത് ഇനിയും തന്നെ സംരക്ഷിക്കുക എന്നത് എനിക്ക് സാധിക്കുന്ന കാര്യമല്ല അബിസല്ലാഹു അലി വസ്ല്ലം അത് കേട്ടപ്പോൾ അവിടുന്ന് ആകാശത്തിലേക്ക് നോക്കിക്കൊണ്ട് സൂര്യനെ ചൂണ്ടിക്കൊണ്ട് അവിടുന്ന് പറഞ്ഞു നിങ്ങൾ ഈ സൂര്യനെ കാണുന്നില്ലേ അവർ പറഞ്ഞു അതേ കാണുന്നു എന്താണ് പറഞ്ഞു ആ സൂര്യന്റെ അടുക്കൽ നിന്ന് നിങ്ങളൊരു തീക്കൊള്ളി കത്തിച്ചു കൊണ്ടുവന്ന് തന്നാൽ പോലും ഞാൻ ഈ നിലകൊള്ളുന്ന ഈ മാർഗത്തിൽ നിന്ന് ഞാൻ ഒരിക്കലും പിന്നോട്ട് പോവുകയില്ല അത് നിങ്ങൾ ചെയ്താൽ പോലും ഞാനിത് പുറത്തേക്ക് പോവുകയില്ല ഈ ദീനിന്റെ മാർഗത്തിൽ ഞാൻ ഉറച്ചു തന്നെ ചെയ്യും അത് കേട്ടപ്പോൾ അബു പാലിൻ അദ്ദേഹം പറഞ്ഞു അള്ളാഹിമ കേ എന്റെ സഹോദരൻ്റെ പുത്രൻ മുഹമ്മദ് ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ല വരതി അതുകൊണ്ട് നിങ്ങൾ തിരിച്ചു പോവുക എനിക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കുകയില്ല എന്നിട്ടാണ് അബൂ ത്വാലിബ് പ്രസിദ്ധമായ അദ്ദേഹത്തിന്റെ കവിത പാടിയത് ചരിത്രത്തിൽ പ്രസിദ്ധമായ കവിതയാണ് അദ്ദേഹം പറഞ്ഞു അല്ലാഹി ലൻ യസ്ലു ഇലൈക ബി ജംഇഹിം ഹത്താ ഔസ്ദ ഫി അത്തറാബി ദഫീനാ മുഹമ്മദ് വരിക്കല മു ഖുറൈശികൾ നിന്നെ लेके എതിച്ചരയില്ല ഞാൻ എൻ ദേഹ ശരീരം മണ്ണീനോട് ചേർന്നതുവരെ ഞാൻ മരിച്ചു വീഴുന്നതുവരെ ഖുറൈശികൾ നിന്നെ മുദ്രവിക്കുകയില്ല فمضي لأمرك،, فَمْضِي لِأَمْرِكَ مَا عَلَيْكَ غَضَابَةً أَبْشِرْ وَقَرَّ بِذَاكَ مِنْكَ عُيُونَ هذا يقول لك أنه لا يمكنك أن تقول لك لك أن نقول لك روبة لك وَدَعُوتَنِي وَعَلِمْتُ أَنَّكَ نَاطِحِي فَلَقَدْ صَبَقْتَ وَكُنْتَ قِدَمَ أَمِينًا محمد يقول لك أنه يمكنك أن تقول لك لأنه يمكنك أن تقول لك నీగట ఙంగల్కు పడయ కాలం మొదలే ఙంగల్డ విశ్వస్తనన్ ఙంగల్డ అమీనన్ వఅరల్ తదీనన్ కద్ అలింతు బిఅన్నహు మిన్ ఖైరి అదీయనిల్ బరియతి దీనా నీ కొండ వనిరికున్న ఈ దీన్ ఎల్ల అదీను గలిల వచ్చెటొం నల్ల దీనానన్న ఎనికు మనసిలై ఇటొండ లౌలల్ మలామతు అవ హదారి సుబ్తన్ లవజత్ తనీ సమ్హన్ బిదాక అమీనా ఎండేకు ఎండే నాటగార్ ఎన్న ఆక్షేపికిల్లా ఇర్నెంగ അവരെന്റെ തള്ളി പറയുമെന്ന് ഞാൻ പേടിക്കുന്നില്ലായിരുന്നെങ്കിൽ മുഹമ്മദ് നിന്റെ ദീനിൽ ഏറ്റവും വിശ്വസ്തനായി നിനക്ക് എന്നെ കാണാൻ സാധിക്കുമായിരുന്നു ഈ കവിത അബൂ താലിബിന്റെ കവിതകളിൽ പ്രസിദ്ധമായ കവിതയാണ് അദ്ദേഹം ഇത് പറഞ്ഞത് ഈ സന്ദർഭത്തിലാണ് റീസല അലി വസ്ല്ലം അവിടുത്തെ ദീനിൽ ഉറച്ചു ഈ സന്ദർഭത്തിൽ പിന്നെയും മുഷരിക്കുകൾ അബൂ താലിബിന്റെ അടുക്കൽ വന്ന് ഭീഷണിപ്പെടുത്തുകയും ഒരിക്കൽ അബൂ താലിബിന്റെ അടുക്കലേക്ക് കുറേശികളുടെ കൂട്ടത്തിൽ നല്ല ഭംഗിയുള്ള നല്ല സമ്പാദ്യമുള്ള ഒരു യുവാവിനെയും കൂട്ടി പറഞ്ഞു റമാർ അസുബുനുൽ വലീദ് വലീദുബിൻ മുഖയറയുടെ മകനാണ് അവൻ റമാർ റഹുബിനുൽ വലീദുമായിട്ടാണ് അവർ അബു താലിബിന്റെ അടുക്കലേക്ക് വരുന്നത് എന്നിട്ട് അവർ അബു താലിബിനോട് പറഞ്ഞു അല്ലേ അബു താലിബ് കുറേശികളിൽ ഏറ്റവും ഭംഗിയുള്ള യുവാവാണ് ഞാൻ ഏറ്റവും നല്ല സാഹിത്യം ഏറ്റവും സ്ഥാനവും സമ്പാദ്യവുമുണ്ട് ഇതാ നിങ്ങൾ മാറായ സ്വീകരിക്കുക ഒരു മകനെപ്പോലെ വളർത്തിക്കൊള്ളും